തസ് അദ്വത പൂർവ്വശ്ലോകാർത്ഥേതുകാം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു വിത്യേഷ പരമാർത്ഥത നിരോധത്തെയും ഉത്പത്തിയും എല്ലാം നിഷേധിച്ച് തിരിയൻ അത് മാത്രമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു അതിനുള്ള ഹേതു പറയുന്നു എന്തുകൊണ്ട് തിരിയൻ മാത്രം പരമാർത്ഥമാകുന്നു യഥാ രജുഭി സർപ്പം കല്പന എന്ന് പറഞ്ഞു മനസ്സ്പന്ദനമാണ് പ്രപഞ്ചം എല്ലാം കല്പന എന്തിന്റെ കല്പനയാണ് നമ്മൾ പറഞ്ഞു അത് നമ്മള് ജീവന്റെ കേവലം മാനസിക കൽപ്പനയല്ല ആത്മാവ് തന്നെയാണ് ഈ നാനാരൂപത്തിൽ കല്പിക്കപ്പെട്ടിരിക്കുന്നത് ആത്മാ ആത്മനാശ്രയം പറഞ്ഞിട്ടുണ്ട് ഒന്ന് തന്നെ പരതായി തീർന്നു എന്ന് പറയാറുണ്ടല്ലോ അതിന് ദൃഷ്ടാന്തം പറയുന്നു ഒരേ രജ്ജു തന്നെയാണ് സർപ്പമായും ധാരയായും ദണ്ഡമായും എല്ലാം കാണുന്നുള്ളൂ അല്ലാതെ ഇവിടെ രണ്ടാമതൊന്നുമില്ല അതിനുള്ള അദ്വൈതാ ശിവ അദ്വൈതം എന്ന് പറയുകയും പിന്നെ രണ്ട് ഏതെങ്കിലും തരത്തിലുണ്ടെന്ന് പറയുകയും ചെയ്താൽ അത് ശരിയാകില്ല അതുകൊണ്ട് പറയുന്നു രജ്ജാം അസദ് സർപ്പധാരാതി ഭേദ സർപ്പം ധാര തുടങ്ങിയവ ഇതെല്ലാം അസത്താണ് പരമാർത്ഥത്തിലില്ലാത്തതാണ് അതെല്ലാമായി മാറുന്നതെന്താണ് അദ്വയനജ സതീയമായിരുന്നുവയെന്ന് വെച്ചു രജ്ജു ഏകമാണ് അത് ഉള്ളതാണ് അത് പലതായി തീരുന്നു എങ്ങനെ സർപ്പം ദണ്ടോയം സർപ്പമാണ് ധാരയാണ് ദണ്ഡാണ് ഇങ്ങനെ പലതരത്തിൽ രജ്ജുദ്രവ്യമേ കല്പ്യത ഒരു വസ്തു തന്നെയാണ് പലതായി അവിടെ അനുഭവപ്പെടുന്നത് പ്രാണാതിപിർ അനന്ത അവിദ്യമാന പരമാർത്ഥത ഇതുപോലെ പ്രാണാതിരൂപത്തിൽ അനന്തരൂപത്തിൽ കാണുന്നത് ആത്മാവ് തന്നെയാണോ ആത്മാവ് തന്നെയാണോ കല്പനയ്ക്ക് അധിഷ്ഠാനമായിരിക്കുന്നത് അത് തന്നെയാണ് നാനാരൂപത്തിൽ മനസ്സ് ശരീരം ഇന്ദ്രിയം തുടങ്ങി നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നത് അത് കല്പനയായതുകൊണ്ടെന്നാണ് പരമാർത്ഥത പരമാർത്ഥത്തിൽ അതിന്റെ സ്വരൂപത്തിന് ഒരു മാറ്റം സംഭവിക്കാതെ സംഭവിക്കുന്നു ആത്മാവ് തന്നെ ഫലതായി തീർന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ മാറ്റം സംഭവിച്ചല്ലോ പറയുന്നു ആ മാറ്റം സംഭവിക്കുന്നത് പരമാർത്ഥത്തിലല്ല അതുകൊണ്ട് ആത്മാവിനൊന്നും സംഭവിക്കാതെ തന്നെ ഇതെല്ലാം സംഭവിക്കുന്നു അതിനാണ് കല്പന എന്ന് പറയുന്നത് അത് തന്നെ മനസ്സായി മാറുന്നു ആ മനസ്സ് തന്നെ നാലാരൂപങ്ങളെ പ്രാപിക്കുന്ന അതാണ് മനസ്സ്പന്ദനമാണ് സർവ്വവും നോളി അത് പറയുന്നു മനസ്സ് സ്പന്ദനമാണ് സർവ്വവും നോളന്നു മനസ്സ് സ്പന്ദിക്കാതിരുന്നാലോ ഈ കാണുന്ന ഒരു ഭാവങ്ങളും അവിടെ അനുഭവപ്പെടത്തില്ല അതാണ് സുഷുതിയിലും സമാധിയിലും ഒന്നും പ്രപഞ്ചാനുഭവം വരാത്ത അവിടെ മനസ്സ് സ്പന്ദിക്കുന്നില്ല അപ്രചരിതെ മനസ്സിൽ മനസ്സ് സ്പന്ദിക്കാതിരുന്നാൽ ഇതൊന്നും അനുഭവപ്പെടില്ല എന്നിട്ട് ആത്മന പ്രചലനം മത്സ്യ ആത്മാവിന് ചലനമില്ല ആത്മാവ് നിശ്ചലമാണ് ആത്മാവിൽ ആരോപിതമായ മനസ്സ് ആ മനസ്സിന്റെ ചലനം കൊണ്ടത് നാനാ ഭാവങ്ങളെ സൃഷ്ടിക്കുന്നു പ്രചലിത്തെ സീവ ഉലഭ്യമാനാ ഭാവും ആ മനസ്സിന്റെ ചലനം മനസ്കന്ദനം അതുകൊണ്ടാണ് ഈ സർവ്വഭാവങ്ങളും അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പരമാർത്ഥമല്ല അതുകൊണ്ടാണ് സുഷുത്തിനും സമാധിനോ അതനുഭവപ്പെടാത്തത് അതോ അസദ്യരേവ പ്രാണാതിഭാവീർ അധ്യയന ചരമാർത്ഥസാത്മനരജ്ജുവർവികൽപ അസഭൂതന അയം സ്വയമേ ആത്മാകൽപ്പാണാതിഭാവങ്ങൾ മനസ്സ് തുടങ്ങി പ്രാണൻ തുടങ്ങി ശരീരം ഉണ്ടെ ബാഹ്യമായി വരുന്ന സർവ്വത് അത് പരമാർത്ഥത്തില്ലെങ്കിലും അസത്താണോ ആരോപിതമാണോ സത്യമല്ല എന്നാലും പരമാർത്ഥമായിരിക്കുന്ന ആത്മാവ് രജസ്ഥാനത്താണോ അതാണ് സർവ ആരോപങ്ങൾക്കും ആധാരമായിരിക്കുന്നത് സ്വയം അത് തന്നെ എന്ത് ചെയ്തു നാനാ രൂപത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആത്മാവ് തന്നെ നാനാ രൂപത്തിൽ സ്ഥിതി ചെയ്താണ് പ്രപഞ്ചം സദാ ഏകസ്വഭാവോ സത്യ പ്രാണാതിഭാവനെയത്മാവ് സദാ ഏകരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യും ശലനമില്ലാതെ സ്ഥിതി ചെയ്യും സ്ഥിതി ചെയ്തുകൊണ്ട് തന്നെ അത് പ്രാണാതി നാനാഭാവങ്ങൾ സ്വയം ആത്മാവ് തന്നെ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ആത്മാവിന്റെ ആരോപമാണ് ജീവൻ മനസ്സ് സർവപ്രപഞ്ചവും അല്ലാതെ രണ്ടാമത് കല്പിക്കാനായി മറ്റൊന്നില്ലാസ്പാചന ഉപലഭ്യതീ കൽപനകൾക്കെല്ലാം മനസ്സ് തുടങ്ങി സർവകൽപ്പനകൾക്കും ഒരു ആധാരം വേണം ആധാരരഹിതമായി കൽപ്പനകൾ സംഭവിക്കില്ല അത് ആത്മാവാണോ അത് സർവകൽപ്പനാസ്പദത്വാസേനാത്മന അദ്വേയസ്യ അവ്യഭിചാര കൽപ്പനാവസ്ഥായാമപി അദ്ധേയത ശിവടെ പറഞ്ഞു വരുന്നത് പ്രധാനമായി ഇതാണ് ശിവ ഈ കൽപ്പനകൾ കൊണ്ട് ആത്മാവിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ ആത്മാവിനെന്തെങ്കിലും ന്യൂനത സംഭവിക്കുന്നുണ്ടോ നേരത്തെ പറഞ്ഞ് ബന്ധവും മോക്ഷവും രണ്ടും കൽപ്പിതമാണെന്ന് പറഞ്ഞു ഏഷ പരമാർത്ഥ ആത്മാവ് മാത്രം പരമാർത്ഥി സർവകല്പനാസ്പദത്വ ഇവിടെ ആത്മാവിന് എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ സുര്യനിൽ അനുഭവപ്പെടുന്ന സ്രവവും ബന്ധവും മോക്ഷവും എല്ലാം അത് കൽപ്പനയാണ് ഇവിടെ പറയുന്നു ആ കല്പന സംഭവിക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് ബന്ധമെന്ന് പറഞ്ഞുകൂടെ ആ കൽപ്പന സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ കല്പനയിൽ നിന്ന് മോചനം നേടണം എന്നാഗ്രഹം വരാം അപ്പം മോക്ഷം അതിനുവേണ്ടി പരിശ്രമിക്കാം മോക്ഷം നേടാം പറയുന്നു അതെല്ലാം കൽപ്പനകളാണ് കാരണം കൽപ്പനയെ സംബന്ധിച്ചിടത്തോളം സർവകൽപ്പനകൾക്കും സർവാരോപങ്ങൾക്കും ഒരാധാരമേയ ആധാരം കൂടാതെ കൽപ്പന സംഭവിക്കത്തില്ല ഈ കൽപ്പനകൾ എന്താണ് അതത് തന്നെയാണ് എന്താണോ അതിന്റെ ആധാരമായിരിക്കുന്നത് അത് തന്നെയാണ് ഈ നാനാരൂപത്തിൽ ഹാസിക്കുന്നത് അതുകൊണ്ട് പറയുന്നു കൽപ്പനാവസ്ഥായ കല്പനകളിൽ നിന്നെല്ലാം മോചനം മോചിതനായിട്ടല്ല അവിടെ പറയുന്നു അങ്ങനെ ഒരു മോചനം എന്ന് പറയുന്നതും ഒരു കല്പനയാണ് അതും ഒരു ആരോപണം മാത്രമാണ് മോക്ഷം ആരോപങ്ങളായി ഇനി നിലനിൽക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു ഇത് മാത്രം പരമാർത്ഥം ബന്ധമോക്ഷങ്ങളെല്ലാം കൽപ്പിതമെന്ന് പറയുന്നു ആ കൽപ്പനാവസ്ഥായ മഭി ആ കൽപ്പനാവസ്ഥയിലും ഒരാൾ കരുതുന്നു ഇതെല്ലാം തന്നെ ആരോപിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആ കൽപ്പിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ പോലും അദ്വൈത ശിവ ആ അദ്വൈത പരമാർത്ഥമായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ബന്ധമോക്ഷങ്ങൾ വാസ്തവമേണ്ട പറയുന്നത് സാധവിനും സാധനയും എല്ലാം പറയുന്നത് അതുകൊണ്ടാണ് കല്പിച്ചിരിക്കുന്ന അവസ്ഥയിലും മോക്ഷത്തെക്കുറിച്ച് നമ്മൾ കല്പനകൾ അല്ലെങ്കിൽ ഭാവനകൾ അർത്ഥമൊന്നുമില്ല കാരണം മോക്ഷത്തെക്കുറിച്ചുള്ള ഭാവന കൽപ്പന എല്ലാം നിലനിൽക്കണമെങ്കിൽ ആദ്യം ബന്ധത്തെ കല്പിക്കും തൻ ബന്ധനസ്ഥനാണ് തനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനം വേണം ഇതെല്ലാം കല്പിക്കും ഇത് രണ്ടും ഒരുപോലെയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും കല്പന ആരോപം എന്നുള്ള നിലയ്ക്ക് ഇത് രണ്ടും അസത്യമാണ് അതുകൊണ്ട് ഈ കല്പനകളെല്ലാം നിലനിൽക്കുമ്പോഴും അത് ബന്ധകൽപ്പനയായാലും ശരി മോക്ഷകൽപ്പനയായാലും അദ്വയദാ ശിവ അവസ്ഥയിലും പരമാർത്ഥമായിരിക്കുന്നത് അദ്വയമാണോ ആത്മാവ് അവൻ പരമാർത്ഥമായി തന്നെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞ പരമാർത്ഥത അതുകൊണ്ടവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണോ ആ തത്വഗ്രഹണമാണ് മുഖ്യം ആ തത്വഗ്രഹണം അസാധ്യമായി വരുന്നിടത്താണ് ഏതാ തത്വഗ്രഹണം ഇത് ഈ കൽപ്പനാവസ്ഥയിലും കൽപ്പനാവസ്ഥ എന്ന് പറയുമ്പോഴെന്താണ് താൻ ദന്തനസ്ഥനാണെന്ന് കരുതുകയോ അല്ലെങ്കിൽ താൻ മുക്തനാണെന്ന് കരുതുകയോ രണ്ടും രണ്ടും കൽപ്പനകളാണ് ഈ രണ്ടാവസ്ഥയിലും അദ്വൈത ആണ് ശിവമായിരിക്കുന്നത് പരമാർത്ഥമായിരിക്കുന്നത് അതുകൊണ്ട് അവിടെ മുഖ്യമായിരിക്കുന്ന എന്താണ് ോധത്തിനാണ് തന്റെ അദ്വയ സ്ഥിതിയെ ഗ്രഹിക്കുന്നതാണ് മുഖ്യമായിരിക്കുന്നത് തന്റെ അദ്വയത്തെ ഗ്രഹിക്കുന്നതിന് അസാധ്യമായി വരുമ്പോൾ ഈ ബോധം ഒരുവിന്റെ ഉള്ളിൽ പ്രകാശിക്കാതെ വരുമ്പോഴാണ് അതിന് കഴിയാതിരിക്കുമ്പോഴാണ് പിന്നെ ബാക്കി ബന്ധത്തിൽ സ്വതന്ത്രനാകാനും മോക്ഷത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും എല്ലാം ഇവിടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ സംസാരമെന്ന് കരുതിയിരിക്കുന്ന സമയത്തും അദ്വൈത ശിവമായിരിക്കുന്നു തസ്മാ അദ്വൈത ശിവ അതുകൊണ്ട് ഇല്ലാത്ത ബന്ധനത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തത്വബോധം കൂടാതെയുള്ള കാര്യം ശരി ഒരാൾക്ക് അത്തരമൊരു തത്വബോധം ഉണ്ടാകുന്നില്ല ഒരാൾക്ക് പരമാർത്ഥത്തെ ബോധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ വേറെ നിവൃത്തിയില്ല അയാൾക്ക് കർമ്മങ്ങളിൽ തുടങ്ങി തപസ്സുകളിലൂടെയൊക്കെ കടന്നു പോകാം ആ പരമാർത്ഥം ബോധിക്കുന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണ് ചെയ്യുന്നത് പരമാർത്ഥത്തെ നമ്മൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അത് ഏത് കൽപ്പനകളിൽ നിന്നാലും ഇതാണ് പരമാർത്ഥം അതിശുഭമാണ് മറിച്ച് അടുത്ത് പറയുന്നു കല്പന ഏവത് അശിവാഹ നിങ്ങളുടെ ഈ കല്പനകളുണ്ടല്ലോ ബന്ധത്തെ സംബന്ധിച്ചും മോക്ഷത്തെ സംബന്ധിച്ചുമുള്ള കല്പനകൾ ഇതാണ് അശിവാഹ ഇതാണ് ഇപ്പം തടസ്സമായിരിക്കുന്നത് ഇതാണ് സംസാരം എന്ന് പറയുന്നത് അതാണ് അശുഭമായിരിക്കുന്നത് അപ്പൊ ഈ തത്വത്തെ ഒരുവൻ ഗ്രഹിക്കുക അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത് തത്വഗ്രഹണമാണ് മുഖ്യം അതല്ലാതെ വരുന്ന മറ്റ് അനുഷ്ഠാനങ്ങൾ അതെന്തായെന്ന് ശരി അതെന്നെ ഇവിടെ തുച്ഛങ്ങളാണ് അതിനൊന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല ഇവിടെ പറയുന്നത് ആ തത്വസ്ഥിരനാകുക എന്നുള്ളതാണ് അപ്പോ ഈ കല്പനകളെ തിരിക്കുക എന്നുള്ളതാണ് മുഖ്യം ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ നമ്മൾ കൽപ്പിക്കുന്നു ധാരാ കൽപിക്കുന്നു കുറഞ്ഞു ആത്മാവ് തന്നെ കൽപ്പിക്കുന്നു ആ കല്പനകളോ പറഞ്ഞു അതും ആത്മാവ് തന്നെ സത്ത ആത്മന വികൽപിതാഹ സത്തായ ആത്മാവാണിതെല്ലാം ഈ കൽപ്പനകൾ ചെയ്യുന്നത് തന്നിൽ ആരോപിക്കുകയാണിതെല്ലാം തുരിയൻ തന്നിൽ ആരോപിക്കുകയാണ് ജാഗ്രത സ്വപ്നങ്ങളിലൂടെ അത് ആരോപിക്കുകയാണ് തന്നിൽ ആരോപിച്ചിരിക്കുന്നതോ അതടുത്ത് പറയും ആരോപിച്ചിരിക്കുന്നതും തന്ന നന്യമായിട്ടൊന്നുമില്ല അപ്പൊ തന്നിലുള്ള ആരോപങ്ങളെയും ഒരാൾ ഭയപ്പെടേണ്ട കാര്യമില്ല ബന്ധമോക്ഷങ്ങളെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല ഒന്നിനും പ്രത്യേകിച്ച് സ്വീകരിക്കേണ്ട കാര്യമില്ല ഒന്നിനും പ്രത്യേകിച്ച് ധരിക്കേണ്ട കാര്യമില്ല ഇത് സർവവും കൽപ്പിതമാണെന്ന് മനസ്സിലാക്കിയാൽ ആരോപിതമാണെന്ന് മനസ്സിലാക്കിയാൽ കൽപ്പിതം എന്ന് പറയുമ്പോൾ തിരിച്ചിരിക്കരുത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്തെങ്കിലും സങ്കല്പിക്കുന്ന അർത്ഥത്തില്ല ഇവിടെ കൽപ്പിതം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ കൽപ്പനകളെ അല്ല പറയുന്നത് ഇതെല്ലാം തുരിയനുള്ള ആരോപങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് കൽപ്പന പറയുന്നത് ഞാൻ കൽപ്പന അല്ല എന്ന് പറയുന്നത് എന്നിലിരിക്കുന്ന അഹംബോധം എന്നിലിരിക്കുന്ന ജീവഭാവം ഇതൊന്നും ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയല്ല എന്റെ ബോധം ഒരുക്കുമ്പോഴെല്ലാം ഈ കൽപ്പനകൾ ആ ബോധത്തിൽ നിൽക്കുകയാണ് ഞാൻ മനഃപൂർവ്വം കൽപ്പിച്ചാലും കൽപ്പിച്ചെങ്കിലും അല്ലാതെ അവിടെ കാണും പല കാര്യങ്ങളും അങ്ങനെയാണ് ശരീരത്തിലുള്ള ദേഹബോധം ഞാൻ കൽപ്പിച്ചതൊന്നുമല്ല ഞാൻ ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഞാൻ വന്നുകഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ ദേഹത്തിൽ ഞാനെന്നുള്ള ബോധം വന്നാണ് അത് ഞാൻ ബോധപൂർവം കൽപ്പിച്ചെടുത്താൽ മുമ്പിൽ കാണുന്ന ഈ പ്രപഞ്ച ശരീരം ഉൾപ്പെടെയുള്ളത് ഞാൻ കൽപ്പിച്ചുണ്ടാക്കിയല്ല പക്ഷെ ഇതെല്ലാം എന്താണ് തുര്യനിൽ ആരോപിതങ്ങളാണ് തുര്യന്റെ ഭാനങ്ങളാണ് തുര്യനിൽ ഭാസിക്കുന്നതാണ് അതാണ് കല്പന എന്ന് പറയുന്നത് രണ്ടിച്ചുകൊണ്ട് ഞാൻ കൽപ്പിച്ചതെന്നുള്ള അർത്ഥത്തിലല്ല ആ കല്പിക്കപ്പെട്ടതോ അതാ തുര്യൻ തന്നെ അത് വ്യക്തമായും പറയും ആരോപിച്ചിരിക്കുന്ന ഒന്നും അതിൽ നിന്ന് അന്യമല്ല ജ്ജുവൻ നിന്ന് അന്യമായിട്ടൊരു സർപ്പത്തെ ആരോപിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു പ്രതീതി ഒരു അനുഭവം അവിടെ നമുക്കുണ്ടാകുന്നു അതുപോലെ ഇത്തരത്തിലൊരു പ്രതീതി സൂര്യനിലുണ്ടാകുന്നു ഈ പ്രതീതി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്വൈതാ ശിവ എന്നാണ് ഭാഷകാരന് പ്രത്യേകം പറയുകയാണ് കല്പനാവസ്ഥ അപി അദ്വൈതാ ശിവ അതുകൊണ്ട് ബാഹ്യമായി നിങ്ങൾ പരിശ്രമിച്ച് ഈ കൽപ്പനകളെ ഇല്ലാതാക്കേണ്ട കാര്യമില്ല ഒരാൾക്കതിന് താൽപ്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ആകാം ഈ കൽപ്പനകളെയൊക്കെ നമുക്ക് അതിനെക്കുറിച്ചും അടുത്ത് പറയുന്നത് കൽപ്പനകളെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാം പക്ഷെ അത് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ടാണ് ഈ കൽപ്പനകൾ പരമാർത്ഥമല്ലെങ്കിൽ പരമാർത്ഥമല്ലാത്ത ഒന്നിനെതിന് ഇല്ലാതാക്കാൻ ശ്രമിക്കണം നമ്മളൊന്നിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യ അതുള്ളതെന്ന് കരുതണം ഉള്ളതെന്ന് കരുതി നശിപ്പിക്കാൻ ശ്രമിക്കേണ്ട നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ വിചാരങ്ങള് ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ട എന്തുകൊണ്ട് ഇതെല്ലാം ഉള്ളതാണ് ഇതെല്ലാം എന്നെ ബന്ധിക്കുന്നതാണ് ഇതെല്ലാം എനിക്ക് വിഘ്നങ്ങളാണെന്ന് കരുതുന്നൊണ്ടാണ് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് ഈ കല്പനകൾ അതാ തുരിയൻ തന്നെയാണ് തുര്യനിൽ നിന്നും അന്യമായി ഇവിടെ കൽപ്പനകളൊന്നുമില്ല ആ തുരിയും തന്നെയാണെങ്കിൽ ഇതിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ശ്രമം കൊണ്ടേ സാധ്യമാകും ഇതിനെ വേണമെങ്കിൽ ഇല്ലാതാക്കാം ഇതിനെയെല്ലാം നിരോധിച്ച് സമാധിയിലിരുന്നു കഴിഞ്ഞാൽ ഇതില്ലാതാകും അല്ലെങ്കിൽ ഗോഠ സുഷൃത്തിയിലേക്ക് പോയാൽ ഇതെല്ലാം ഇല്ലാതാകും അതുകൊണ്ട് കാര്യമില്ല അതിന് ഉദാഹരണമാണെന്ത് ഇതിന് ഇല്ലാതായിട്ട് ഇതെല്ലാം ഇല്ലാതാകുന്നോണ്ട് പ്രത്യേകിച്ചൊന്നും നേട്ടമില്ല എന്നുള്ളതിന് തെളിവാണ് സുശൃത്തി സുഷൃത്തിയിൽ ഇതെല്ലാം ഇല്ലാതാകുന്നു വീണ്ടും മണിപ്പോ വീണ്ടും ഇതെല്ലാം വരുന്നു അവിടെ ഇതാണ് സത്യം ഇതുള്ളതാണെന്നുള്ള ബോധം അതുകൊണ്ടാണ് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിലൊരാൾക്ക് കഴിയുമെങ്കിൽ ഇല്ലാതാക്കും പക്ഷെ ഇവിടെ അതന്നെ മുഖ്യമായി പറയുന്നത് ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാൽ പറയുന്നു അവിടെ അദ്വൈത ശിവ അവൻ ആ തുല്യ നിഷ്ഠം തന്നെ അപ്പൊ അവിടെ അന്തിമ വരേണ്ടതെന്താണ് ആത്മബോധമാണ് ആത്മബോധമാണ് പ്രകാശിക്കേണ്ടത് തത്വബോധമാണ് ഉള്ളിൽ അത് എങ്ങനെ സാധിക്കും കർമ്മന ഒരു കർമ്മം കൊണ്ട് സാധ്യമല്ല ശാരീരികമായ കായികമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധ്യമല്ല മാനസികമായ അഭ്യാസങ്ങൾ കൊണ്ട് സമാധി പരിശീലനം പോലെയുള്ള സാധ്യമല്ല അത് ഏതെങ്കിലും കർമ്മത്തിലുള്ളൊരു സാധ്യമുണ്ട് ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമാണല്ലോ കർമ്മം മനസ്സുകൊണ്ട് ചെയ്യുന്നതും കർമ്മമാണ് ഇത് ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നതെന്താണത് കർമ്മം കൊണ്ട് സാധ്യമല്ല എന്നാലും നമ്മൾ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നു മനസ്സുകൊണ്ട് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായി ഇത് സാധിക്കാമെന്ന് കരുതുകയാണ് ഇതൊരിക്കലും കർമ്മത്തിന്റെ ഫലമില്ല എന്നാണ് കൂടെ പറയുന്നത് ഇതെല്ലാം ഈ കല്പനകൾ ഇങ്ങനെ സംഭവിച്ചു അദ്വൈത ശിവ ആണെങ്കിൽ പിന്നെ ഇതിനുവേണ്ടി പരിശ്രമത്തിന്റെ ആവശ്യം പരിശ്രമത്തിന്റെ ആവശ്യമില്ല അപ്പൊ പിന്നെ ഈ കൽപ്പനകൾ എങ്ങനെ മാറും ഈ കൽപ്പനകൾ മാറേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ട് അടുത്ത് വ്യക്തമായി പറയും ആ കൽപ്പനകളും പരമാർത്ഥം തന്നെ പരമാർത്ഥത്തിന്റെ സ്ഫുരണമാണ് സർവമെങ്കിൽ പരമാർത്ഥത്തിൽ അന്യമായിട്ടൊന്നുമില്ല അതും ആ തുരിയിൽ തന്നെ അല്ല അവിടെ കൽപ്പനയിലൂടെ മറ്റെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പിന്നെ നമുക്ക് അദ്വൈതമൊന്നും പറയാൻ പറ്റത്തില്ല കൽപ്പനകളുടെ സൃഷ്ടിയായി സംസാരവും തിരി എന്റെ രണ്ടെണ്ണം ഉണ്ടെന്ന് വരും അങ്ങനെ വരാൻ പാടില്ല അദ്വൈതമെന്ന് പറയുകയും അതിൽ നിന്ന് വേറിട്ടൊരു കല്പന അത് ശരിയായില്ല അദ്വൈതത്തിന് യോജിക്കുന്നതല്ല അതുകൊണ്ട് എന്താണോ അദ്വൈത കൽപനാവസ്ഥയിൽ നിന്നും അദ്വൈത അസുഖമാണ് പക്ഷേ വേറിട്ട് കാണുകയാണെങ്കിൽ എന്തുവരുന്നു കൽപ്പന അസുഖമാണ് കല്പന അസുഖം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ ധരിക്കുന്നുവല്ലോ പരമാർത്ഥം ഇതായിട്ടും ധരിക്കുന്നു ബന്ധം സത്യമാണ് അതുപോലെ സത്യമായ മോക്ഷത്തെ എനിക്ക് പ്രാപിക്കും ഞാൻ ബദ്ധനാണ് ഞാൻ സാധകനാണ് മമുഷു ആണ് ഈ കഴിഞ്ഞാൽ ഈ കല്പനകളെല്ലാം അസീവമായി മാറും അപ്പോൾ അവന് പരമാർത്ഥം ബോധിക്കത്തില്ല അതുകൊണ്ട് അതെന്റെ വാസ്തവം ലജ്ജ സർപ്പാധിപത് ത്രാസാദി ിത്ത കല്പനകളെ സത്യമായി ബോധിച്ചാൽ എങ്ങനെയാണ് രജിസ്സർപ്പം ഭയത്തിന് കാരണമായി തീരുന്നത് അതുപോലെ ഈ സംസാരം ഒരു ഭയത്തിലുണ്ടാക്കും സംസാരത്തെ ഭയക്കും ത്രാസാദികൾ ഒരാഗദ്വേഷും ഭയത്തെ ഉണ്ടാക്കും പതിൽ നിന്ന് മോചിക്കണമെന്ന് ആഗ്രഹിക്കും അതിനുവേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കും പ്രയത്നിക്കും അഭയ അത് ശൈവശിവ അതുകൊണ്ട് ഇവിടെ എന്താണ് അദ്വേതയെ ബോധിപ്പിക്കുകയാണ് എന്റെ സ്വരൂപമായിരിക്കുന്ന അദ്വൈത അത് അഭയരൂപമാണ് അതിന്റെ കൽപ്പനകൾ അത് ആ അദ്വൈതത്തിൽ നിന്ന് വേറെയല്ല അതുകൊണ്ട് അതും അഭയ സ്വരൂപമാണ് അത് ശിവമാണ് മംഗളമാണ് എന്നുള്ളത് ബോധിക്കുക അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഇവിടെ തത്വബോധത്തിനാണ് പ്രാധാന്യം ആ തത്വബോധത്തിൽ നിന്ന് വേറിട്ട് മറ്റെന്തെങ്കിലും ഒരു അഭ്യാസത്തിന് ഇവിടെ അതിന് പ്രാധാന്യം കല്പിക്കുന്നില്ല അതാണ് മുഖ്യം മുഖ്യമായ അതിന് നമുക്ക് കഴിയാതെ വന്നാൽ പിന്നെ അഭ്യാസങ്ങളാകാം ഭാവി അസദ്യം ശിവനേതം കഥഞ്ചന പൃഥക്ൃഥിഞ്ചിത്വവിദു വിധുശ്ച അദ്വൈതാ ശിവ ഇത് അദ്വയ അത് അതിനെങ്ങനെ വേണോ പറയാം അതിന് ശാന്തമെന്നോ നേരത്തെ പറഞ്ഞു ശാന്തം ശിവം അദ്വൈതം ആനന്ദമെന്നോ സത്യദാനന്ദമെന്നോ അതിനെല്ലാം വേണ്ടിയിട്ടാണ് ശിവ എന്നുള്ള ആ ശബ്ദം ഉപയോഗിക്കുന്നത് ശിവം എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞെന്താണ് ഭാവാപ്പി അദ്വീയനൈവരീയന്റെ ത്വരിയനുള്ള ആരോപങ്ങളാണ് ആരോപങ്ങളും ആ തുര്യൻ തന്നെ ഇതാണ് പരമാർത്ഥം പരമാർത്ഥം ബോധിക്കേണ്ട അതുകൊണ്ടാണ് ഇവിടെ നിരോധിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞു ഉത്പാദിപ്പിക്കാനൊന്നുമില്ല നിരോധിക്കാനുമില്ല അത് തന്നെ വിശദീകരിക്കേണ്ടത് നാനാഭൂതം പൃഥക്തം അന്യസ് അന്യസ്മാ എത്ര തത്ര അശിവം ഭവേ അതാണ് പൃഥക്തമെന്ന് പറയുന്നത് ഇവിടെ നാനാത്വം നമ്മുടെ അനുഭവത്തിന് വിഷയമാണ് ഈ അനുഭവം നമുക്കില്ല എന്നല്ല പറയുന്നത് ഏകമെന്ന് പറയുമ്പോൾ ഇവിടെ നാനാത്വ അനുഭവം ഇല്ലെന്നല്ല നാനാത്വ അനുഭവം ഉണ്ട് എന്താണ് അന്യസ്യ അന്യസ്മാ ഒന്നിൽ വേറെ നമ്മൾ വേറിട്ട് കാണുന്നുണ്ട് അദ്വൈതയാണ് ശിവ എന്നും പറഞ്ഞു അദ്വൈതമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു നാനാത്വം അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ നാനാത്വം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ അദ്വൈതം സത്യമാണെന്ന് നിങ്ങൾ പറയാൻ പറ്റും നാനാത്വം അനുഭവപ്പെടുന്നത് നാനാത്വം അനുഭവപ്പെടുന്നില്ല എന്നല്ല അദ്വൈതത്തിന്റെ അടുത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വം ഇതേ രൂപത്തിൽ സത്യമല്ല അതാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾക്കത് ഏത് രൂപത്തിലാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ സത്യം നദ്സത്യാത്മനി പ്രതിസംസാരാതമിതം ജഗത്ത് ആത്മഭാവന നിരൂപ്യമാണ്ന്ധരഭൂതം അദ്വൈമായി സത്യസ്വരൂമായിരിക്കുന്ന ഈ ആത്മാവ് തന്നെ തന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രാണാതി സംസാര ജാതം പ്രാണനെന്ന് പറയുമ്പോൾ മനസ്സിനെ അവിടെ എടുത്തോളാം പ്രാണനും മനസ്സും എല്ലാം തന്നിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തനിക്ക് ഏറ്റവും സ്പഷ്ടമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് തന്റെ മനസ്സ് ചിന്തിക്കാതെ തന്നെ മനസ്സനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനസ്സിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മനസ്സ് ചിന്താരൂപത്തിൽ സദാപ്രകടമായിക്കൊണ്ടിരിക്കുന്നു നാനാരൂപം അതിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു തന്നൽ താൻ പരമാർത്ഥമാണ് സത്യമാണതുകൊണ്ട് താൻ പരമാർത്ഥവും സത്യവുമായതുകൊണ്ടാണ് ഇവയ്ക്ക് നാനാരൂപത്തിൽ തന്നിൽ അനുഭവപ്പെടാൻ കഴിയുന്നത് താൻ പരമാർത്ഥവും സത്യവും അല്ലെങ്കിൽ നാനാരൂപത്തിൽ ഇവയ്ക്ക് തന്നിൽ അനുഭവപ്പെടാൻ കഴിയത്തില്ല ഇങ്ങനെ അനുഭവപ്പെട്ട് പ്രാണാതി സംസാര ജാതമിതം ജഗത്ത് ഈ ജഗത്തിനെ ഒരാൾ ഈ നാനാരൂപത്തിലല്ല മനസ്സിലാക്കുന്നു നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആത്മഭാവേന പരമാർത്ഥ രൂപേണ നിരൂപ്യമാണ് അയാൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അയാളെ കുറിച്ച് പരമാർത്ഥത്തിൽ ബോധിക്കുന്നത് എന്താണ് ആത്മഭാവത്തിലാണ് തന്റെ തന്നെ ഭാവങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത് ഏകനായിരിക്കുന്ന തന്റെ തന്നെ ഭാവങ്ങളായി കാണുമ്പോ ബാഹ്യമായി ഇത് പലതാണെങ്കിലും നാനാവസ്തുവാന്തരഭൂതം എന്ന ഭവതി ഇത് നാനാവസ്തുക്കളായി അയാൾക്ക് അനുഭവപ്പെടുന്നില്ല വാസ്തവത്തിൽ നാനാത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാണോ നമുക്ക് അത് അനുഭവപ്പെടുന്നത് ആ നാനാത്വത്തിന്റെ രീതിയിൽ അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട് മറിച്ച് ആത്മഭാവേന പരമാർത്ഥരൂപേണ ആത്മഭാവത്തിൽ പരമാർത്ഥ രൂപത്തിൽ അനുഭവപ്പെടുന്നു ഇത് രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും സംശയം ഒന്ന് പറയുന്നു ഇത് നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നു മറ്റൊന്ന് പറയുന്നു ഇത് പരമാർത്ഥ രൂപമാണ് എന്നും പറയുന്നു അങ്ങനെ സംശയം വരുന്ന എന്തുകൊണ്ട് കാരണം നമ്മൾ നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നാനാരൂപത്തിലാണ് ആ നാനാരൂപത്തിലുള്ളതിന്റെ പരമാർത്ഥ രൂപം നമുക്ക് അനുഭവപ്പെടുന്നില്ല ഒന്നേ അനുഭവപ്പെടുന്നുള്ളൂ നാനാരൂപം നാനാരൂപം അനുഭവപ്പെടുന്നു നമ്മളത് സത്യമൊന്നും കരുതുന്നു പക്ഷെ പരമാർത്ഥത്തിലെ നാനാരൂപമാണ് അതിനെ ആ നാനാരൂപത്തെയും ആത്മഭാവത്തിൽ താനായിട്ട് തന്നെ പരമാർത്ഥമായിട്ട് തന്നെ കാണുന്നു എന്നാണ് ആ തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നവൻ അത് നല്ലൊരു ദൃഷ്ടാന്തത്തിലൂടെ പറയുന്നതാണ് ഇത് കണ്ണാടിയിൽ കാണുന്നത് പോലെ വിശ്വത്തെ കണ്ണാടിയിൽ നാനാരൂപം ഉണ്ടെങ്കിലും കണ്ണാടിയിൽ ബാഹ്യവസ്തുക്കളുടെ പ്രതിബിംബം ജഗത്തിന്റെ പ്രതിബിംബം കണ്ണാടിയിൽ കാണുമ്പോ കണ്ണാടിയിൽ നാനാരൂപമാണ് എങ്ങനെ ആകാശവും സൂര്യനും നക്ഷത്രങ്ങളും ഭൂമിയും വൃക്ഷങ്ങളും സർവവും ഒരു പ്രതലത്തിൽ നാനാരൂപത്തിൽ കാണുന്നുണ്ടെങ്കിലും അവിടെ ആ കണ്ണാടി അതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ആ കണ്ണാടി അത് ഏകരൂപത്തിലാണ് അത് നാനാകില്ല ഒന്നുകൂടി ചിന്തിച്ചാലോ വാസ്തവത്തിൽ ഏകരൂപത്തിലിരിക്കുന്ന കണ്ണാടി അല്ലാതെ അവിടെ നാനാരൂപങ്ങളില്ല ആ കണ്ണാടിയിൽ നിന്ന് കണ്ണെടുത്ത് ബാഹ്യ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് നാനാരൂപങ്ങൾ കാണാം പക്ഷെ കണ്ണാടിയിൽ നോക്കിയാൽ അവിടെ ഏകരൂപമേ അവിടുത്തെ നാനാരൂപങ്ങൾ വാസ്തവത്തിൽ കൽപ്പിതമാണ് അവിടെ നാനായില്ല ഒന്നേ ഉള്ളൂ ഏകമായ ശുദ്ധമായ ആ പ്രജലം മാത്രമേ ഉള്ളൂ കണ്ണാടി എന്ന് പറയുന്ന പ്രതലം മാത്രമേ ഉള്ളൂ വേറൊന്നും അവിടെയില്ല പിന്നെ കണ്ണാടിയിൽ കാണുന്ന ആകാശം സൂര്യൻ മുഛങ്ങൾ ഈ നാനാരൂപം ബാഹ്യമായി കാണുന്ന നാനാരൂപമല്ല അവിടെയുള്ളത് എന്നാൽ അവിടെ അനുഭവപ്പെടുന്നവർ വാസ്തവം അല്ലാതെ അനുഭവപ്പെടുന്നത് കൊണ്ട് അതിനെന്ത് പറയുന്നത് ആരോപിതമാണ് കണ്ണാടിയിൽ ആരോപിതമാണ് അപ്പൊ അവിടെ പരമാർത്ഥമായിരിക്കുന്ന എന്താണ് കണ്ണാടിയാണ് അതുപോലെയാണ് പറയുന്നത് എന്താണ് നിജ അന്തർഗതം ഈ നാനാരൂപങ്ങൾ അന്തർഗതമാണ് എന്നിട്ട് എന്താണ് തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ് തന്റെ ഉള്ളിൽ നിലനിൽക്കുന്നതാണ് തന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നു മനസ് ഇതിനെല്ലാം ആന്തരികമായിരിക്കുന്ന തുരീയന്റെ പ്രകാശം ആ തുരീയന്റെ പ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ നാനാരൂപങ്ങൾ തുരിയന്റെ പ്രകാശത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണാടിയിലെങ്ങനെയാണോ കണ്ണാടിക്കകത്ത് എന്നല്ലേ നമ്മൾ പറയുന്നത് അവിടെ എങ്ങനെയാണോ വാസ്തവമല്ലാതെ ഭേദം അനുഭവപ്പെടുന്നത് അത് ബോധിക്കാൻ എളുപ്പമാണ് പരമാർത്ഥമല്ലാതെ അവിടെ ഭേദം അനുഭവപ്പെടുന്നുണ്ട് ഭേദം അനുഭവപ്പെടുന്നുണ്ടെന്നാൽ പരമാർത്ഥമല്ല അതുപോലെ അന്തർഗതമായി തത്വജ്ഞനിൽ ഇതും പ്രകാശിക്കാം ബാഹ്യമായ ഇത് കാണുമ്പോൾ ഇത് ഭേദം സത്യമാണ് എന്നൊരാജ്ഞന് തോന്നുമ്പോൾ എന്തുകൊണ്ട് ഒരജ്ഞനിതിനെ ബാഹ്യമായി കാണും ബാഹ്യമല്ലെങ്കിലും അവിടെ പറയുന്ന എന്താണ് ബഹിരിവ പുറമേ ഉള്ളത് പോലെ ആണത് അജ്ഞന്റെ അനുഭവം പുറമേ ഉള്ളത് പോലെ എന്നുള്ളതല്ല പുറമേന്ന് കണ്ണാടിക്ക് പുറമേ കാണുന്ന വസ്തുക്കൾ സത്യം തന്നെയാണ് അവിടെ നാനാകത്തുകൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഭേദമാണ് ഇവിടെ പറയുന്ന പൃഥക്ഭാവം വേറെ വേറെ തന്നെയാണ് പക്ഷേ അതിന് ഒരുവൻ അന്തർഗതമായി അനുഭവപ്പെടുകയാണെങ്കിൽ അതാണ് പരമാർത്ഥം ഇത് തുര്യന്റെ തന്നെ ഭാനമാണ് എന്നനുഭവപ്പെടുകയാണെങ്കിൽ അതിനാണ് അവിദ്യ എന്നും ജിദ്ധസ്പന്ദനവും ഒക്കെ പറയുന്നു അങ്ങനെ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നു അവിടെ ശരിക്കും ബഹിരിവാ വാസ്തവത്തിനും ഇത് പുറത്ത് എന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഉള്ളിലാണ് ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിനും എല്ലാം പുറത്ത് എന്നുള്ളത് പോലെയാണ് പക്ഷെ ഉള്ളിലായി അദൃശ്യങ്ങളെല്ലാം സ്വപ്നത്തിന്റെ ജാഗ്രത അത് കണ്ടുകൊണ്ടിരിക്കുകയെല്ലാം പുറത്ത് എന്ന് പുറത്താണ് അനുഭവപ്പെട്ടത് പുറത്ത് പോലെ പക്ഷെ അതിന്റെ പരമാർത്ഥം ബോധിച്ചപ്പോൾ മനസ്സിനായി എന്താണ് പുറത്തല്ല അജ്ഞൻ ബാഹ്യവുമായി സ്ഥൂലമായും ദീർഘമായും നാനാരൂപത്തിലും വെവ്വേറെ അനുഭവപ്പെടുന്നത് പുറമേ എന്നാണ് പക്ഷെ ഇതെന്താണ് ദഹരിവ പുറമേ പോലെ എന്നാൽ അന്തർഗതമായ സ്ഥിതി ചെയ്യുകയാണ് ആ പരമാർത്ഥം തത്വജ്ഞാനിയെ ബോധിക്കുന്നുള്ളു എന്താണ് ഇത് അന്തർഗതമാണ് ഉള്ളിൽ ആണ് അപ്പൊ ഈ ഉള്ളത് പുറമേന്ന് പറയുന്ന എന്തിനപേക്ഷിച്ച് പറയുന്നു ശരീരം മനസ്സ് ബോധം ഓരോന്നും ബാഹ്യമായ ദൂരങ്ങളെ അപേക്ഷിച്ച് ഉള്ളിൽ എന്ന് പറയുന്നു സൂക്ഷ്മമായതുകൊണ്ട് ഉള്ളിലെന്ന് പറയുന്നു തന്റെ ബോധത്തിൽ അത് മറ്റ് സ്ഥൂലമായ വസ്തുക്കളെ എല്ലാ അന്തരമായി അനുഭവപ്പെടുന്നതുകൊണ്ട് ആ ബോധത്തിൽ ഇത് സ്ഫുരിക്കുന്നു അതാണ് നിജാന്തർഗതം എന്ന് പറയുമ്പോൾ തുര്യനിൽ ഇത് പ്രകാശിക്കുന്നു എന്ന് കാണുമ്പോൾ എന്താണിത് നാനാ വസ്തുഭൂതം നവതി ഇത് നാനാരൂപത്തിൽ തുര്യനിൽ നിന്ന് അന്യമായി വസ്തുക്കളായി അനുഭവപ്പെടുന്നില്ല കണ്ണാടിയിൽ നിന്നും അന്യമായി കണ്ണാടിയിലെ കാഴ്ചകൾക്ക് നിലനിൽപ്പില്ല അതുപോലെ ഈ തുരിയപ്രകാശത്തിൽ നിന്നും അന്യമായി നാനാവസ്തുക്കൾക്ക് നിലനിൽപ്പില്ല ഇതാണ് വരമാവ് അങ്ങനെ കണ്ണാടിയിലെ കാഴ്ചയെ അങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് അതൊരു ഉദാഹരണം മാത്രമാണ് പക്ഷേ അന്തർഗതമായി അതിനാണ് പ്രാധാന്യം നിജ അന്തർഗതമായി ഇതിനെ മനസ്സിലാക്കും ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അന്തർഗതമായി ഇതിനെ ബോധിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ പറയുന്ന എന്താണ് ഇവിടെ നാനാത്വമില്ല ഇവിടെ ബന്ധമോക്ഷങ്ങളില്ല സാധകനും സാധനയും ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ആ ബോധത്തിൽ ഈ പ്രപഞ്ചത്തെ കാണുന്നവനാണ് ഇപ്പോ തത്വജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നത് എന്തായിരിക്കും അന്തർഗതമായി പ്രപഞ്ചത്തെ കാണുന്നു ബാഹ്യമായി കാണുന്നതോ അത് ബഹിരിവ പുറമേ ഉള്ളത് പോലെ പുറമേയല്ല വാസ്തവത്തിൽ അകമെന്നോ പുറമോ അകം പുറമെന്ന് വേർതിരിക്കാൻ വയ്യ കാരണം പൃഥക് ഭാവങ്ങൾ ഇവിടെ പറയുന്നു നാനാകുമല്ലിടത്തിൽ നമുക്ക് അകം പുറമൊന്നു വേർതിരിക്കാൻ പറ്റും എന്നാലും ശരീരത്തിന്റെ ഭാനം പ്രാണന്മാരുടെ ഭാനം ഇന്ദ്രിയങ്ങൾ മനസ്സിന്റെ ഇതിന്റെ എല്ലാം ഭാനങ്ങൾ ഒന്ന് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ സൂക്ഷ്മമായിരിക്കും അതിനപേക്ഷിച്ചാണ് അകവും പുറവും കത്തിക്കുന്നത് അപ്പോൾ അവിടെയും പറയാം ബഹിരിവ അന്തരിവ പുറം എന്നതുപോലെ ഉള്ളിലെന്നതുപോലെ ഈ നാനാഭാവങ്ങൾ പ്രതകഭാവങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അന്തർഗതം എന്ന് പറയുമ്പോൾ എന്താണ് തന്നിൽ ആത്മാ എന്ന് പറഞ്ഞെന്താണ് താൻ തന്റെ ശുദ്ധസ്വരൂപത്തിൽ തന്റെ വാസ്തവ സ്വരൂപത്തിൽ തന്റെ ബോധപ്രകാശത്ത് ഇത് പ്രകാശിക്കുന്നതാണ് ആ പ്രകാശ അനുഭവം അതിനുള്ള ആത്മബോധം തുലീയ സ്ഥിതി എന്നെല്ലാം പറയുന്നു ആ ബോധത്തിൽ തന്നെ ഒരാൾ ബഹിർമുഖനായി വ്യവഹരിക്കുമ്പോൾ അവിടെ ഉണ്ണും പിറവും എല്ലാം വരും ഭേദവും അഭേദവും എല്ലാം വരാം അതെല്ലാം ബാഹ്യവ്യവഹാരത്തിൽ ആന്തരികമായ അനുഭവത്തിൽ എന്താണോ ഇവിടെ നാനാത്തും ഇല്ല എന്ന വസ്തുഭൂതം ഭൂതി അതെങ്ങനെ ധരിക്കണം ആത്മഭാവേന പരമാർത്ഥ രൂപേണ ആത്മഭാവത്തിൽ അതിനുഗ്രഹിക്കുമ്പോൾ അന്തർഗതമായി അതിനുഗ്രഹിക്കുമ്പോൾ ആ ഒരു വസ്തുതയാണ് ബോധിപ്പിക്കുന്നത് യഥാ ൂപേണോ പ്രകാശേന നിരൂപ്യമാണോ എന്ന നാനാഭൂത കൽപിത സർപ്പവസ്തിർപ്പ ദൃഷ്ടാന്തമാണ് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമാണ് ദർപ്പണത്തിന്റെ ദൃഷ്ടാന്തം അവിടെ എന്തു വരുന്നു അവിടെ ആ ദൃശ്യത്തേക്ക് പ്രകാശിപ്പിക്കുന്ന ദർപ്പണവും ആ ദർപ്പണത്തിന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ദൃശ്യം ഏകമായിരുന്നിട്ട് തന്നെ അവിടെ നാനാത്വം നോക്കിടുന്നു ആ ദർപ്പണത്തിൽ തന്നെ നാനാദൃശ്യം അതേസമയം പരമാർത്ഥത്തിൻ്റെ അവിടെ ഏകമായ ദർപ്പണം മാത്രം അന്യമായൊന്നുമില്ല അതുപോലെ ഇത് സംഭവിക്കുന്നു അതിനിടയ്ക്ക് ഒരു ചോദ്യമേ വരാനുള്ളൂ എന്തുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു ഏകമായ ദർപ്പണത്തിൽ എന്തുകൊണ്ട് നാനാ കാഴ്ചകൾ വരുന്നു ഇവിടെ പുറ എന്താണ് ബാഹ്യമായൊരു പ്രപഞ്ചമുണ്ട് ബാഹ്യമായൊരു പ്രപഞ്ചമുള്ളതുകൊണ്ടല്ലേ സത്യമായൊരു പ്രപഞ്ചമുള്ളത് കൊണ്ടല്ലേ ദർപ്പണത്തിൽ നാനാ കാഴ്ചകൾ വരുന്നത് അതുപോലെ ഇവിടെ ഈ തിരിയനിൽ ഈ കാഴ്ചകൾ ഇത് അസത്യമായി അനുഭവപ്പെടണമെങ്കിൽ അതിനെന്താ കാരണം അതിന് സമാധാനം എന്താണ് പല സമാധാനങ്ങളും പറഞ്ഞു അത് അവസാനം പറഞ്ഞു എന്താണ് ദേവശേഷ സ്വഭാവോയം ഇതാ തിരിയന്റെ സ്വഭാവമാണ് തിരിയന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ് ഈ ദൃശ്യങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുക പ്രഭു എന്ന് പറഞ്ഞ സമർത്ഥനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നതിന് ഈ സാമർഥ്യവും ശേഷിയും അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഈ ദൃശ്യങ്ങളെല്ലാം കാണിക്കുന്നു തത്വ അതുപോലെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തത്വത്തെയാണ് ഇവിടെ ബോധിക്കേണ്ടത് നാ വിശ്വേന പ്രാണാദ് അന്തർഗതമായിരിക്കുന്ന ഈ ദൃശ്യത്തെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദൃശ്യത്തെ പുറമേ ബാഹ്യമാക്കിയിട്ട് ബാഹ്യമായി കാണുകയാണെങ്കിൽ ഇത് പരമാർത്ഥമാണെന്ന് തോന്നുന്നു ഇതാണ് സത്യം എന്ന് തോന്നുന്നു എന്തുകൊണ്ട് തന്റെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെ ഇതിൽ ആരോപിക്കുന്നോണ്ടാണ് അത് സത്യമായിട്ടല്ലാബി സേന പ്രാണാധ്യാത്മനായ പ്രാണരൂപത്തിൽ ശരീര രൂപത്തിൽ മനസ്സിന്റെ രൂപത്തിൽ ഇതൊന്നും സത്യമല്ല ആ രൂപത്തിൽ ഇതിന് നിലനിൽപ്പില്ല കഥാചിത രജിസർപ്പ കൽപിതത്വ ദൈവ രജിസർപ്പത്തെ പോലെ അത് കല്പിതമായതുകൊണ്ട് കണ്ണാടി എന്താണ് അത് സത്യമാണ് ആപേക്ഷികമായി സത്യമെന്ന് പറയും അത് കാണുന്ന ദൃശ്യങ്ങളോ ദൃശ്യങ്ങൾ സത്യമല്ല ആ ദൃശ്യങ്ങൾ മാറി മാറി വരാം മാറി മാറി വന്നുകൊണ്ടിരിക്കാം പക്ഷെ അതിനാധാരമായിരിക്കുന്നു സത്യം അപ്പൊ ദൃശ്യരൂപത്തിലെ സത്യമുണ്ട് കണ്ണാടിയിലെ പല സവിശേഷതകളെയും അതിൽ നമ്മൾ ആരോപിക്കുകയാണ് കണ്ണാടി പ്രകാശം ഉണ്ട് കണ്ണാടിയുടെ സ്വഭാവമാണ് പ്രകാശിക്കുക ആ പ്രകാശത്തെ നമ്മൾ അതിനാരോപിച്ചിട്ട് അവസ്ഥക്കളും പ്രകാശിക്കുന്നതായി പറയും അതുപോലെ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ ദൃശ്യങ്ങൾ തന്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഈ തിരിയനില് തിരിയന്റെ സ്വഭാവമായിരിക്കുന്ന ഈ ദൃശ്യങ്ങളെ ഈ മനസ്സ് കരണം ഇവയുടെ ഒക്കെ സഹായത്തോടു കൂടി അതും ആ ദൃശ്യത്തിൽപ്പെടുന്നതാണ് പക്ഷെ അവയുടെ സഹായത്തോടുകൂടി ഇതിനെ പുറമേ എന്നുള്ളത് പോലെ കല്പിച്ചിട്ട് അത് സത്യമാണെന്ന് കരുതുന്നു വാസെന്താണോ ഈ തുര്യൻ അതിൽ ആരോപിച്ചിട്ടുള്ള സത്യമേ ആണ് നോക്കും പരമാർത്ഥമായി അതിന് വേർട്ടൊരു നിലനിൽപ്പ് ഉണ്മ സത്യത്വം ഇല്ല തഥാ അന്യോന്യം എന്ന പൃഥക് പ്രാണാദി വസ്തു യഥാശ്വാഹിഷ പൃഥക് വിദ്യതേ പുറമേ നമ്മളിവിടെ കാണുമ്പോൾ പല വസ്തുക്കളും വേറെ വേറെ കാണും അശ്വാത് കുതിരവേറെ ആളവേറെ പശു വേറെ ഇങ്ങനെയെല്ലാം നമ്മൾ പറയുന്നു ബാഹ്യമായി ഭേദം നിലനിൽക്കുന്നു ബാഹ്യമായി പരമാർത്ഥത്തിലോ ഇതിൽ ഭേദമില്ല എന്തുകൊണ്ട് ഇതിന് രണ്ടാധാരം ഇന്ന് ഉള്ളൂ തിരിയൻ ഏകനായിരിക്കുന്ന ആ തിരിയന്റെ പ്രകാശത്തിലാണിതെല്ലാം നിലനിൽക്കുന്നത് ഏകമായിരിക്കുന്നത് പലതാകാമോ ആകാം അതിനാണ് മായ എന്ന് പറയുന്നത് അവിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടതങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ട് ഈ പ്രാണാദി വസ്തുക്കൾ ജ്ഞാന് എന്ന് പറയുന്ന ഭേദം ഇതൊന്നും പരമാർത്ഥമല്ല അതോ അസത്വ എന്ന ആ പൃഥക് വിദ്യതേ അന്യോന്യം പരേണവ കിഞ്ചിതപി അതുകൊണ്ട് ആ പൃഥക് വേറിട്ട് ഇവിടെ ഒന്നില്ല വേറിട്ടെന്ന് വെച്ചാൽ ബാഹ്യമായ ഭേദങ്ങളില്ലെന്ന് മാത്രമാണ് പരേണവാ ഈ തുരിയനിൽ നിന്ന് വേറിട്ടുന്നില്ല കണ്ണാടിയിൽ നിന്ന് വേറിട്ട് അതിലെ ഒരു കാഴ്ചയും നിലനിൽക്കാത്തതുപോലെ ഈ തുരിയപ്രകാശത്തിൽ നിന്ന് വേറിട്ട് വേറൊരു പ്രകാശമില്ല ആ തുരിയന്റെ ഉണ്മയിൽ നിന്ന് വേറിട്ട് വേറൊരുമയില്ല ആ തുരിയെ സ്വരൂപമായിരിക്കും ആനന്ദത്തിൽ നിന്ന് വേറിട്ട് വേറൊരു ആനന്ദമുണ്ട് അത് തന്നെയാണ് കിഞ്ചിതവി ഒന്നും തന്നെ ഇല്ല ഈ പരമാർത്ഥത ഈ പരമാർത്ഥത്തെ അറിയുന്നവൻ ആ പരമാർത്ഥ തത്വത്തെ ബോധിക്കുന്നവരായ ബ്രാഹ്മണൻ ആത്മബോധമുള്ളവർ അവർ ഇതിനെ അറിയുന്നു അവരേത് ബോധിക്കുന്നു അതോ അശിവഹേതുവാ അദ്വൈതായ അതുകൊണ്ട് അശിവത്തിന് അമംഗളത്തിന് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അമംഗളം എന്ന് പറയുന്നത് അതിനൊരു കാരണമേ ഇവിടെ ഇല്ല എന്നറി നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞാൽ ഈ കല്പനകളാണ് പക്ഷേ ആ കല്പനകളും ആ പരമാർത്ഥത്തിൽ നിന്നും വേറിട്ടല്ല എന്ത് കൽപ്പനയായാലും ബന്ധത്തെക്കുറിച്ചുള്ള കൽപ്പനയായാലും മോക്ഷത്തെക്കുറിച്ചുള്ള കൽപ്പന ആയാലും ശരി അതൊന്നും ആ തുരിയനിൽ നിന്നും വേറിട്ടല്ല അങ്ങനെ നോക്കുമ്പോൾ പരമാർത്ഥത്തെ ചിന്തിക്കുമ്പോൾ അശിവഹേതുത്വ അഭാവ അശിവം എന്ന് പറയുന്നതിനൊരു ഹേതു ഇല്ല സംസാരത്തിനൂടെ ഹേതുല്ല നിവർത്തിക്കേണ്ടതായൊരു സംസാരമില്ല അതാണല്ലോ നിരോധിക്കാനായിട്ടിവിടെ ഒന്നുമില്ല നിരോധിക്കാൻ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനസ്സിനെ മനസ്സിനെ നിരോധിച്ച് പിന്നെ സാക്ഷാത്കരിക്കേണ്ടതാണുള്ളത് അങ്ങനെ സാക്ഷാത്കരിക്കേണ്ട ഒന്നുമില്ല അപ്പൊ ചെറു പറയും പിന്നെ മനസ്സിനെ സമാധിയിലിരുന്ന് തന്നെ ഇതിനെ സാക്ഷാത്കരിക്കണമെന്ന് പറയും ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യണം ചെയ്യുന്നുണ്ട് ദോഷം കാരണം അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഒരാള് സമാധി അനുഭവിച്ചതിന് ശേഷം അല്ലല്ലോ സമാധിക്ക് വേണ്ടി ശ്രമിക്കുന്നത് സമാധിയെ കേട്ടറിഞ്ഞിട്ടാണ് കേട്ടറിയുമ്പോ അയാളുടെ മനസ്സിൽ വരുന്നു സമാധി കൊണ്ടേ ഇത് സാധ്യമാകൂ ഇതിനെയെല്ലാം നിരോധിക്കും എന്നാലേ സാധ്യമാവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാൻ തെറ്റില്ല അയാളുടെ വാസന അയാളുടെ സംസ്കാരം അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്തേ മതിയാവും അല്ലാതെ അയാൾക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ വേറെ വഴിയില്ല ഇവിടെ പറയുന്നത് എന്താണ് അശിവഹേതുവഭാവ ഇവിടെ അശിവഹേതുക്കളൊന്നും തന്നെ ഇല്ല ഇവിടെ നിവർത്തിക്കാനായിട്ടൊരു സംസാരമില്ല സർവവും എന്താണ് ആ തുര്യന്റെ കൽപ്പനയാണ് ആ കൽപ്പനകളോ ആ തുരിയിൽ നിന്ന് അന്യമല്ല ഇതാണ് പരമാർത്ഥം അങ്ങനെയാണെങ്കിൽ അദ്വൈത ഏവ ശിവനാവസ്ഥയിലും അദ്വൈത തന്നെയാണ് എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം സമ്യം സ്തൂയതെ വിളിക്കുന്ന എന്താണോ സമ്യക് ദർശനം സമ്യക് ആയിട്ടുള്ള ബോധം അതാണ് അതാണ് ഇവിടെ ഇതുവരെ പറഞ്ഞത് ആ സമ്യക് ദർശനത്തിന്റെ മഹത്വത്തെ പറയും എന്തിനാ ആ സമ്യക് ദർശനമാണ് ശ്രേഷ്ഠം എന്ന് മനസ്സിലായാലേ ആ സമ്യക് ദർശനമാണ് പരമാർത്ഥം എന്ന് മനസ്സിലായാതെ ജീവന്മാര് മറ്റ് പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ സമയ ദർശനത്തിൽ എത്തിച്ചേർത്തു അല്ലെങ്കിൽ ആ മറ്റ് നാനാ പരിശ്രമങ്ങളിൽ മുഴുകിയിരിക്കും സത്യാനുഭവം ഉണ്ടാകത്തല്ല വിഗതരാഗായ ദ്വേഷക്രോധാദി സർവദോഷൈഹി സർവതാ മുനുഭർ മനനശീലേഹി വിവേകി രാഗഭയോദ്ധാദി സർവദോഷങ്ങളിൽ നിന്ന് മുക്തരായവർ ഈ സർവദോഷങ്ങളിൽ നിന്നുള്ള രാഗോദ്വേഷാദി ദോഷങ്ങളിൽ നിന്നുള്ള പൂർണമായ മോചനം അതീ സംയുക്ത ദർശനങ്ങളുടെ സാധ്യമാകും മറ്റേതെങ്കിലും തരത്തിൽ ഈ ദോഷങ്ങളെ ദൂരീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും പല പല ദോഷങ്ങളും അലട്ടിക്കൊണ്ടേയിരിക്കും മനസ്സിൽ നിന്ന് രാഗദ്വേഷങ്ങളും ഇല്ല ഇല്ലാതാക്കാൻ ഒരാൾ ശ്രമിക്കുന്നുവെന്നിരിക്കട്ടെ അത് രാവണന്റെ തല പോലെയാണ് അതിനുച്ഛേദിക്കുന്നതോറും അത് വീണ്ടും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ മനസ്സിൽ നിന്നും രാഗദ്വേഷങ്ങളെ ഒരു ജീവനും മാറ്റാൻ സാധ്യമേ അല്ല ജീവനായിരിക്കുക ജീവഭാവത്തിനിരിക്കെ ആരുടെ മനസ്സിൽ നിന്നും രാഗദ്വേഷങ്ങൾ പോകത്തില്ല അങ്ങനെ അതെല്ലാം പോയൊരു സ്ഥലം നമുക്ക് സ്വപ്നം കാണാം ഭാവനയെ പ്രതീക്ഷിക്കാം എന്നുള്ളത് അതിന് മാറ്റാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ടാണ് അത് മനസ്സിന്റെ സ്വഭാവമാണ് ഒരു വസ്തു നിലനിൽക്കെ ആ വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ അഗ്നി നിലനിൽക്കെ അതിൽ ഊഷ്ണതയെ മാറ്റുക എന്ന് പോലെയാണ് അപ്പോ അത് സാധ്യമല്ല ഇനി ഒരാളങ്ങനെ ശ്രമിച്ചാലോ അയാൾക്ക് ഭയം വരും എന്താണ് ഇത് പോയാലും ഇതിന്റെ സംസ്കാരം കാണും ഇതിന്റെ വാസനകൾ കാണും വീണ്ടും അത് വരും അതിപ്പോഴും ഭയക്കേണ്ടി വരും അന് ഭയന്നേ അതിനെ ശുദ്ധീകരിക്കാൻ പറ്റും പക്ഷേ സമയദർശനം അങ്ങനെയല്ല സമയക് ദർശനം അത് മനസ്സ് അത് ഈ ഭയദേശക്രോധാദികളെ ുന്നു ആ ദർശനത്തിൽ ഇതില്ലാതായിത്തീരുന്നു അത്രയു ആ ദർശനത്തിനെങ്ങനെയാണോ ശരീരം പ്രാണൻ മനസ്സ് പ്രപഞ്ചം എല്ലാം ഇല്ലാതായിത്തീരുന്നത് ഇതൊന്നും സത്യമല്ലാതായിത്തീരുന്നത് ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നത് അതുപോലെ അതാണ് ഇതില്ലാതാകുക എന്ന് പറഞ്ഞാൽ നിരോധിച്ചില്ലാതാക്കുക നിരോധിച്ചില്ലാതാക്കിയാൽ വീണ്ടും അങ്ങനെയുള്ള മുനുഭി അത് പറയുന്നു മനനശീത മനനം ചെയ്തു ഈ തത്വത്തെ ബോധിക്കണമെല്ലോ ഈ തത്വത്തെ ബോധിക്കണമെങ്കിൽ അതിന് മനനം വേണ്ടിവരും പത്ത് ജ്ഞാനികളായിട്ടുള്ളത് ജനിക്കുന്നത് ജനിക്കുമ്പോ അവിവേകത്തോടു കൂടി ജനിക്കുന്നു ആ തത്വത്തെ ശ്രവിക്കുന്നു തത്വത്തെ മനനം ചെയ്യുന്നു പരമാർത്ഥത്തെ എന്തെങ്കിലും ശ്രവിച്ച പോരാ എന്തെങ്കിലും മനനം ചെയ്താലും പോരാ വിവേകി അങ്ങനെയുള്ള വിവേകികൾ ഇവിടെ പറയുന്ന തരത്തിൽ തുരിയെ ബോധിച്ചവരാണ് വിവേകി ഇവിടെ പറയുന്ന തരത്തിൽ ആ തുരിയെ മനനം ചെയ്തവനാണ് വിവേകി അവനെ ഈ പ്രപഞ്ചമേ നിലനിൽക്കുന്നില്ല പ്രപഞ്ചമില്ലെങ്കിൽ ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഉണ്ടാക്കി കാണിക്കുന്ന ഈ മനസ്സിന്റെ ഒരു ചെറിയ അംശമായിരിക്കുന്ന രാഗദ്വേഷും ഭയക്രോധാദികളും എങ്ങനെ നിലനിൽക്കും അത് നിലനിൽക്കത്തില്ല എന്നർത്ഥം വേദപാരഗി വേദത്തിന്റെ മറുകര കണ്ടവർ എന്ന് പറഞ്ഞാൽ സത്യത്തെ ഗ്രഹിച്ചവർ വൻഷത്വമാണ് ഈ തത്വത്തെ ബോധിപ്പിക്കുന്നത് അവഗത വേദാർഥ തത്വജ്ഞാനിഭി വേദാർത്ഥ തത്വജ്ഞാനത്തെ ബോധിച്ചവർ അതാണ് വേദപാരകി എന്ന് പറഞ്ഞത് അവരെന്ത് ചെയ്യുന്നു നിർവികല്പ സർവവികല്പ ശൂന്യു മയമാത്മാഷ്ട അവരാണ് നിർവികൽപ്പത്തെ ബോധിച്ചിരിക്കുന്നത് നിർവികൽപ്പു കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് സമാധിയാണ് ഇവിടെ സമാധിയെ കുറിച്ചെല്ലാം നിർവികൽപ്പു പറയുന്നത് സമാധിയിലും നിർവികൽപ്പം ഇല്ലെന്നല്ല പറയുന്നത് സമാധിയിലും സവികല്പം നിർവികൽപ്പം എല്ലാം ഉണ്ട് അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു വേണമെങ്കിൽ അതുമാകാം ഒരാളെ മനസ്സിൽ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ദൃഢ സംസ്കാരം ഇരിക്കുന്ന നിർവികൽപ്പ സമാധി അതിലെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുന്നുണ്ടെങ്കിൽ അതാകാം വിരോധമൊന്നുമില്ല ഇവിടെ നിർവികൽപ്പം എന്ന് പറയുന്നത് എന്താണ് അയം ആത്മാ ആത്മാവാണ് നിർവികല്പം നിങ്ങളുടെ അഭ്യാസം കൊണ്ട് നിങ്ങൾ പ്രാപിക്കുന്ന മനസ്സിന്റെ ഏതെങ്കിലും ഒരവസ്ഥയല്ല നിർവികൽപ്പം എന്ന് പറയുന്നത് നമ്മുടെ പ്രതീക്ഷയിലുള്ള അല്ലെങ്കിൽ നിർവികൽപം എന്ന് പറയുന്നത് സാർത്ഥകമാവുന്നത് എങ്ങനെയാണ് ആത്മാർവികല്പശൂന്യോ അയമാത്മാ സർവവികൽപശൂന്യമായിരിക്കുന്ന ഈ ആത്മാവ് ആരോപിതമായിരിക്കുന്ന വേണവികൽപം എന്ന് പറയുന്നത് ഈ ആരോപിതങ്ങളായിരിക്കുന്ന ഈ ധർമ്മങ്ങൾ ധർമ്മശൂന്യമായിരിക്കും ആത്മാവ് അതിന്റെ ആ ധർമ്മശൂന്യതയൊക്കെ നമുക്ക് പറഞ്ഞ രീതി മനസ്സിലാകണം നമ്മുടെ ഭാവനീതനുള്ള ശൂന്യതയെന്ന് കൂടെ ആ തുര്യനിൽ സർവവും ആരോപിതമാണ് അതുകൊണ്ട് ആ തുര്യനിൽ നിന്ന് അന്യമായി ഒരു ആരോപണങ്ങളും നിലനിൽക്കുന്ന ആ രീതിയിൽ നിലനിൽക്കുന്നില്ല ആ രീതിയിൽ സർവവികൽപശൂന്യമാണ് തുര്യൻ താൻ ആത്മാവ് അങ്ങനെയുള്ള ആത്മാവ് ദുഷ്ടോപലബ്ധ ആത്മാവ് ദുഷ്ടമായിരിക്കുന്നു അപരോഷമായിരിക്കുന്നു ഉപലബ്ധമായിരിക്കുന്നു ആ തിരിയന്റെ അധികമം പ്രാപിക്കുന്നു എന്നല്ല നമുക്ക് പറഞ്ഞു വേദാന്ത അർത്ഥ തത്പരേ ഹി വേദാന്ത അർത്ഥ തത്പരന്മാർക്ക് മറ്റേതെങ്കിലും കാര്യത്തിൽ താല്പര്യം ഉണ്ടായപ്പോൾ ഉപനിഷ അർത്ഥത്തിന് താല്പര്യം വേണം അതിൽ തത്പരതയുള്ളവർക്ക് തത്പാരായണ തന്നിഷ്ഠ എന്നെല്ലാം നമ്മുടെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്കിത് അനുഭവവൈദ്യമായിരിക്കുന്നു അധിഷ്ഠം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിരിക്കുന്നു അവർ തുരിയനായി തന്നെ അവർ തുരിയനെ കാണുന്നവരല്ല തുരിയന മാറി നിന്ന് കാണാൻ മറ്റൊരാളില്ല തിരിയായി തന്നെ നിന്ന് പ്രകാശിക്കുന്നു തുരിയ ബോധമായി തന്നെ സ്ഥിതി ചെയ്യുന്നു അവർ ദർശിക്കുന്നെന്താണ് പ്രപഞ്ചം ആന്തരികവും ബാഹ്യവുമായും അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചം മനസ്സിൽ തുടങ്ങുന്ന ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന്റെ അഭാവം യസ്മിൻസ് ആത്മാപഞ്ചം പരമാർത്ഥത്തിന് നിലനിൽക്കാത്ത സ്ഥാനം അതാണ് തന്റെ സ്വരൂപം അതാണ് പ്രപഞ്ച ഉപചമെന്ന് പറയുന്നത് അല്ലാതെ പ്രപഞ്ച ഉപശമോ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമെല്ലാം വിലയിച്ച് വേറെ എങ്ങോട്ടെങ്ങനെ പോവുക ഉറക്കത്തിലെ പോലെ സമാധിയിലെ പോലെ അങ്ങനെയല്ല പറയുന്നു പ്രപഞ്ച ഉപചമോ എന്ന് പറഞ്ഞാൽ ആ തന്നെ അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്നത് കൊണ്ടുതന്നെ അവൻ അദ്വയനായിരിക്കുന്നു എന്നറു അത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പ്രപഞ്ചം ഒരിക്കലും അദ്വൈതത്തിന് ൻ സദാ പ്രപഞ്ച ഉപശമനായി തന്നെ സ്ഥിതി ചെയ്യുന്നു ജീവന് ഈ പ്രപഞ്ചം അനുഭവപ്പെടുന്നു അനുഭവപ്പെടുന്നില്ലയോ എന്നുള്ള വ്യത്യാസമാണോ എന്നുള്ളൊരു കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുന്നോ അതോ ഉണർന്നിരിക്കുന്നുള്ളൊരു വ്യത്യാസം ഉറങ്ങിയാൽ നിങ്ങൾക്ക് പ്രപഞ്ചമില്ല ഉണർന്നിരുന്നാൽ പ്രപഞ്ചമുണ്ട് നിങ്ങൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും തിരിയനായി തന്നെ സ്ഥിതി ചെയ്യും പ്രപഞ്ചവശമനായി തന്നെ സ്ഥിതി ചെയ്യും അത് ഉറക്കത്തെയോ ഉണർ ഉണർവിനെയോ ആശ്രയിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ നിങ്ങളീ പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ നിങ്ങളീ പ്രപഞ്ചത്തെ നിരോധിക്കുന്നോ ഇതിനെ ആശ്രയിച്ചിട്ടല്ല പ്രപഞ്ചവശം പ്രപഞ്ചവശമെന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നത് തിരിയൻ തന്നെയാണ് എന്റെ സ്വരൂപം തന്നെയാണ് അദ്വയം ആയിരിക്കുന്നു പ്രത്യേകിച്ചും പറയുന്നത് ഭാഷികാരം പറയുന്നത് രാഗദ്വേഷങ്ങളെന്ന് പറയുന്നത് മറ്റു വിഷയങ്ങളോടുള്ള രാഗദ്വേഷങ്ങളല്ല അതെന്നെ മുഖ്യം അതന്നെ വരെ തുച്ഛമായ കാര്യങ്ങളാണ് അതിനൊന്നും വലിയ പ്രസക്തി അതിന് ഒരു വലിയ ശത്രുവായിക്കൊണ്ട് അതിനെ യുദ്ധം ചെയ്യുകയല്ല ഇവിടെ ചെയ്തു ഇവിടെ ചിന്തയിൽ വരുന്ന ദോഷങ്ങളാണ് മുഖ്യ രാഗദ്വേഷങ്ങളെന്ന് പറയും ഇവിടെ തന്റെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത് അജ്ഞന്മാര് പാമരന്മാരായിരിക്കുന്ന വിഷയനോലായിരിക്കുന്ന മനുഷ്യരല്ല അവരെ മനസ്സിൽ കണ്ടുകൊണ്ടിത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അവരാണ് ഈ വിഷയങ്ങളിൽ മൊഴി കഴിയുന്നത് അവരുടെ രാഗദ്വേഷങ്ങളൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെ എന്താണ് ചിന്തയിൽ രാഗദ്വേഷങ്ങൾ വരുന്നവരെന്നു ഇത് ആത്മാവിനെ കുറിച്ചും അനാത്മാവിനെ കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നത് അവരുടെ രാഗദ്വേഷങ്ങളാണ് ഇവിടെ വലിയ ദോഷമായിരിക്കുന്നത് അവരെന്ത് കരുതുന്നു ഇന്നതാണ് സത്യമെന്ന് കരുതുന്നു ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു പരമാർത്ഥത്തെ ബോധിക്കാതെ അവർ അതുകൊണ്ട് തന്നെ എന്ത് പരമാർത്ഥത്തെ അവർ നിഷേധിക്കുന്നു അവർ കരുതുന്നു ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് ശരി ഞങ്ങൾ പ്രവർത്തിക്കുന്ന മാർഗമാണ് ശരി ഞങ്ങൾ ഈ മാർഗ്ഗത്തിലൂടെ തന്നെ പ്രവർത്തിക്കും ുരാഗ്രഹം ആരെന്തുപദേശിച്ചാലും ശരി ഏത് ശ്രുതി പറഞ്ഞാലും ശരി ഏത് ആചാര്യം പറഞ്ഞാലും ശരി ഞാൻ ധരിച്ചതാണ് ശരി ഇങ്ങനെ കരുതുന്നവർ സ്വപക്ഷപാദി ദർശനേഹി തർക്കികാതിഭി സ്വപക്ഷപാദികളാര കേവലം ദുരാഗ്രഹം കൊണ്ട് കേവലം സ്വപക്ഷപാതം കൊണ്ട് സത്യത്തെ ഗ്രഹിക്കാതിരിക്കുന്നവര് സത്യത്തെ അന്വേഷിക്കുന്നവര് അവരുടെ രാഗദ്വേഷങ്ങളെന്ന് പറയുന്ന എവിടെയാണ് അവര് ഈ ലൗകികമായ രാഗദ്വേഷങ്ങളെല്ലാം അവരെ സംബന്ധിച്ച വിഷയം അവരുടെ ചിന്താപരമായ രാഗദ്വേഷങ്ങളാണ് സത്യത്തെ അന്വേഷിക്കുന്ന മാർഗങ്ങളിൽ നിന്ന് രാഗദ്വേഷങ്ങളാണ് തന്റെ മാർഗത്തോട് രാഗവും അന്യമാർഗങ്ങളോടെ ദ്വേഷവും അവർ എന്താണ് രാഗാദി പരിഷിത ചെയ്തോ ബഹി അവരുടെ മനസ്സ് രാഗാദികൾ കൊണ്ട് ഈ തത്വ ഗ്രഹണത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ വന്ന രാഗദ്വേഷാധികൾ കൊണ്ട് കലുഷിതമാണ് അല്ലാതെ ഇത്രയും തുരിയൻ എന്നുപറയുന്ന ഒരു തത്വം ആ തത്വത്തിന്റെ വാസ്തവസ്ഥിതി തുടങ്ങിയ അതിഗഹനമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ വരും സാധാരണ മനുഷ്യന്റെ രാഗദ്വേഷങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ആ രാഗദ്വേഷങ്ങളോടുകൂടിയിരിക്കുന്ന മനസ്സിൽ ഒരിക്കലും ഇതിൽ നിന്നൊരു സ്ഥാനമില്ല ഇതൊന്നും അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് വേണ്ടി പറയുന്നതോ ചർച്ച ചെയ്യുന്നതോ അല്ല അതിൽ നിന്ന് തന്നെ അത്തരം രാഗദ്വേഷങ്ങളിൽ നിന്നെല്ലാം മാറി തത്വത്തെ അറിയാൻ ശ്രമിക്കുന്നവൻ പരമാർത്ഥത്തെ സാക്ഷാത്കരിക്കാൻ ഇവിടെ പറയുന്നു അതിനുവേണ്ടി ശ്രമിക്കുന്നവന്റെ മനസ്സിലുണ്ട് രാഗദ്വേഷങ്ങൾ അത് ഈ തത്വത്തെ അവലംബിച്ച് വരുന്ന രാഘദ്വേഷൻ കാണുന്നതാണ് കർഹിക യുക്തിവാദികളും അവർക്കിതൊരിക്കലും ഗ്രഹിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മുഖ്യമായി വരുന്നത് എന്താണ് ശ്രുതിയെ അവലംബിച്ചുകൊണ്ട് ആത്മനിഷ്ഠമായ മനനം കൊണ്ട് ഈ തത്വത്തെ അത് ആചാര്യനും ശ്രുതിയും നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ അവർ പ്രപഞ്ച ഉപശമ രൂപത്തിലുള്ള സ്വരൂപത്തെ ആത്മാവിനെ ോപശമുദയ തസ്നൈതേജാ ചടമോകർ അനർത്ഥപ്രശമൂപ്പ ശിവം അഭയം അതം വിധി സ്മൃതി അവഗമാർ അനർത്ഥപ്രശ്നരുപത്വം സർവ അനർത്ഥങ്ങളെയും നിവർത്തിപ്പിക്കുന്നതാണ് ഈ അദ്ധ്യം പറഞ്ഞല്ലോ സ്വപക്ഷപാതം തുടങ്ങിയ അതുകൊണ്ട് വരുന്ന രാഗദ്വേഷങ്ങളും മറ്റും ഇതാണ് ഈ മാർഗത്തിലുള്ള അനർത്ഥങ്ങൾ മറ്റു വിഷയ താല്പര്യങ്ങളൊന്നുമല്ല മറ്റു വിഷയ താല്പര്യങ്ങളൊക്കെയാണ് മനസ്സിന് വരുന്നതെങ്കിൽ അവിടെ ഈ തത്വം ചിന്തിക്കുന്നതും പറ്റില്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ ഭൗതികമായ ഏതെങ്കിലും ഒരു വിഷയത്തോട് നിങ്ങൾക്ക് ഒരു താല്പര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ തത്വശ്രവണത്തിന് ഒന്നും മനസ്സ് തയ്യാറാകത്തില്ല ലൗകികമായ തുച്ഛമായ കാര്യങ്ങൾ അത് എത്ര അതിനെത്ര ശ്രേഷ്ഠമെന്ന് വിചാരിച്ചാലും ശരി അത് എത്ര ശ്രേഷ്ഠമായാലും ശരി അതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നു അതിന് വരുന്ന ആധ്യാത്മിക മാർഗത്തിൽ തന്നെ വരുന്നത് താല്പര്യം ചിന്താപരമായി തന്നെ വരും താൽപ്പര്യം എല്ലാം എല്ലാത്തിന്റെ അടിസ്ഥാനം എന്താണ് നമ്മുടെ ചിന്തയാണ് ആ ചിന്തയിൽ നിന്നാണ് സർവ സാധനങ്ങളും സർവ അഭ്യാസങ്ങളും എല്ലാം തുടങ്ങുന്ന ചിന്ത നമ്മൾ ഏത് രീതി ചിന്തിക്കുന്നു ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഏതിനെ ശരിയെന്ന് ചിന്തിക്കുന്നു ആ മാർഗത്തെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നു ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു മുഖ്യമായിരിക്കുന്ന എന്താണോ തന്റെ ചിന്തകളാണ് അതിൽ പരമാർത്ഥത്തെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സി വരണം ഇവിടെ ആചാര്യം ബോധിപ്പിക്കുന്ന രീതിയിൽ പരമാർത്ഥത്തെ ഗ്രഹിക്കുക എന്തുകൊണ്ട് സർവാനർത്ഥ പ്രസംഗരൂപത്വ സർവാനർത്ഥങ്ങളെ അതാണ് നശിപ്പിക്കുന്നത് ശിവം അഭയം അതിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അത് അഭയസ്വരൂപമാണ് ശിവമാണ് അദ്വയമാണ് അത ഏവം വിധിത്വ യേനം ഇതിന് തന്റെ സ്വരൂപത്തെ ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കണം യുവജയെ അദ്വൈതത്തിൽ സ്മൃതിയെ യോജിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്വൈതത്തെ സ്മരിക്കണം കാരണം മനസ്സ് അത് സ്മരണരൂപത്തിലായാലും ഭാവനാരൂപത്തിലായാലും സ്മരണരൂപത്തിലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ സ്മരിക്കുക ഭാവന എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വാസ്തവത്തിന്റെ ഇത് രണ്ടും സ്മരണ രൂപത്തിലാണ് ഇവിടെ രണ്ടിടത്തും മനസ്സ് രൂപത്തിലാണ് മനസ്സ് കൂടുതൽ സമയം സ്മരണരൂപത്തിലാണ് സഞ്ചരിക്കുന്നത് അവിടെ സ്മരണരൂപത്തിൽ മനസ്സ് സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് ബാഹ്യമായിട്ടായിരിക്കും ബഹിർമുഖമായ വിഷയങ്ങളെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് അതെങ്ങനെ മനസ്സ് പോകും ഈ അദ്വൈതയെ വിട്ടിട്ട് സ്വസ്വരൂപത്തെ വിട്ടിട്ട് മനസ്സു പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഈ തത്വബോധത്തെ നഷ്ടപ്പെടുത്തിയിട്ട് മനസ്സിൽ സഞ്ചരിക്കും അതാണ് സ്മൃതി എന്ന് പറയുന്നത് അത് പാടില്ല അദ്വൈതഅ അപകമായ ഈ തത്വത്തെ ബോധിക്കുന്നതിന് ബോധിച്ചിട്ടില്ലെങ്കിൽ ഈ തത്വത്തെ ശ്രവിച്ചിട്ടും ബോധിച്ചിട്ടില്ലെങ്കിൽ മുൻപ് പറഞ്ഞു എന്താണോ ഈ ശ്രവണം കൊണ്ടുതന്നെ ഒരാൾക്ക് ബോധിക്കാം ഈ തത്വം ശ്രവണം കൊണ്ടുതന്നെ ഉള്ളിൽ പ്രകാശിക്കാം ആ തത്വപ്രകാശം സംഭവിച്ചില്ലെങ്കിൽ പിന്നെന്താ ഈ തത്വത്തെ തന്നെ പിന്തുടരുക ആ തത്വം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് സ്മൃതി കുര്യാ ശ്രവിച്ച തത്വത്തെ തന്നെ സ്മരിക്കുക ശ്രവിച്ച തത്വത്തെ തന്നെ അനുസന്ധാനം ചെയ്യുക അതാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഒരു തത്വത്തെ ശ്രവിക്കുന്നു വീണ്ടും അതിനെ മറ്റേതെങ്കിലും ഉപായത്തിലൂടെ ആ തത്വത്തെ തന്നെ സ്മരിക്കാൻ ശ്രമിക്കുന്നു നമ്മളെന്താണോ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് നമ്മൾ എന്താണോ എവിടെ നിന്നെങ്കിൽ ഗുരു ഉപദേശിച്ചു ആ ഗുരുപദേശത്തെ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ് ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്മരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ധ്യാനിക്കാനോ ജപിക്കാനോ പറയുന്നത് എന്താണ് ഇവിടെ ശ്രുതി ഉപദേശിച്ചത് ആ തത്വം പരമാർത്ഥ സത്വവും അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ധരിച്ചത് ആ പരമാർത്ഥത്തെ ഒരാൾക്ക് പരമാർത്ഥമായി തന്നെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടെ പ്രശ്നങ്ങൾ തേറും പിന്നെ അയാൾക്ക് ശ്രവിക്കാനോ ഗ്രഹിക്കാനോ ഒന്നുമില്ല പക്ഷേ പരമാർത്ഥത്തെ പരമാർത്ഥമായി ബോധിക്കാൻ കഴിയുന്നില്ല ബോധിക്കുമ്പോൾ തന്റെ പരിമിതികളോടുകൂടി അതിനെ ബോധിക്കാൻ പറ്റും അപ്പോൾ ആ ബോധത്തിൽ അയാളുടെ സംതൃപ്തി ഉണ്ടാകും താൻ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞു സംതൃപ്തി ഉണ്ടാകും സംതൃപ്തി ഉണ്ടാകാതിരുന്നാൽ എന്തോരും വീണ്ടും ജിജ്ഞാസുണ്ടാവും എന്താണത് അറിയുന്നതിനുള്ള ആഗ്രഹമുണ്ടാകും ആ ജിജ്ഞാസ ഉണ്ടാകുമ്പോൾ ആ ജിജ്ഞാസാന്ന് വിളത്തി പ്രേത്സാന്നുപിടത്തി എന്നും മറ്റും പറയും അതിനുവേണ്ടി പിന്നെ എന്താ ചെയ്യുന്നത് വീണ്ടും ആ തത്വത്തെ തന്നെ സ്മരണരൂപത്തിൽ ശ്രവിച്ച തത്വത്തെ വീണ്ടും അനുസ്മരിക്കുക അതാണ് മുഖ്യമായ സാധന എന്ന് പറയുന്നത് തത്വാനുസ്മരണം തച്ച അഹമസ് വിജിത്യാദീതം സാക്ഷാത് അപരോക്ഷ്യവഹാരാധീതമാ അദ്വൈതത്തെ ബോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ളതാണ് അശ്വനായദ്ധ്യതം ലോക വ്യവഹാരങ്ങളിൽ ലോകം ആചരെയതെന്നാണ് ഇവിടെ പറയുന്നത് എന്നുവെച്ചാൽ എന്താണ് ലോകവ്യവഹാരങ്ങളെ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ഉപേക്ഷിക്കണമെന്നോ അങ്ങനെയൊന്നിവിടെ പറയുന്നത് ലോകം വ്യവഹാരം തുടരുക എന്നാണ് അതാണ് ലോകം ആചരതെന്ന് പറയുന്നു പക്ഷെ എങ്ങനെ തത്വത്തെ ബോധിച്ചിട്ട് അശ്വനായാദ്യ അതീതം വിശപ്പ് ദാഹം ഈ തത്വം പക്ഷെ ലോകവ്യവഹാരത്തിലോ താൻ വിശപ്പിനും ദാഹത്തിനുമൊക്കെ അധീനനാണ് അപ്പൊ വിശപ്പിനും ദാഹത്തിനുമെല്ലാം താൻ അധീനനാകുമ്പോ അതിന് കീഴ്പ്പെടുമ്പോൾ എന്താണ് ഒരജ്ഞനെ പോലെ അതിന് കീഴ്പ്പിടാതെ വിശപ്പിനും ദാഹത്തിനും അതീതമായ തത്വമായി നിന്നുകൊണ്ട് അതെങ്ങനെ സാക്ഷാത് അപരോക്ഷമായി കേട്ടുകേൾവികൊണ്ട് മാത്രം സാധ്യ ആ തത്വത്തെ ബോധിക്കുമ്പോൾ അത് കേവലം അനുസ്മരണമേ ആകത്തുള്ളൂ അതുപോരാ അതുകൊണ്ട് പറയുന്ന സാക്ഷാത് അപരോക്ഷമായി സ്വാനുഭവമായി എന്ന് പറയും അപരോക്ഷം വരുമ്പോൾ സ്വാനുഭവമായി താൻ ആ തത്വമായി തന്നെ മാറി താൻ തന്റെ വാസ്തവ സ്വരൂപമായി തന്നെ നിന്നുകൊണ്ട് അജം ആത്മാനം സർവലോക്യവഹാരാതീതം സർവലോക്യവഹാരങ്ങൾക്കും അതീതമായിരിക്കുന്ന ഈ ആത്മാവായി നിന്നുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കുക ലോകം ആചരെന്നാണ് പറയുന്നത് വ്യവഹാരം വേണ്ടെന്നിവിടെ പറയുന്നില്ല പറയാത്തുകൊണ്ടാണ് അത് അസംഭവമായതുകൊണ്ട് തത്വബോധം കൊണ്ട് വ്യവഹാരത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല വ്യവഹാരത്തെ ഒഴിവാക്കണമെങ്കിൽ ഒന്നും ഒന്നുകിൽ നമ്മൾ ഉറങ്ങണം അല്ലെങ്കിൽ സമാധിയിരിക്കണം എന്നാൽ ഈ കാണുന്ന ലോകത്ത് വ്യവഹാരങ്ങളിൽ നിന്ന് ഒഴിവാക്കാം പക്ഷെ ഇവിടെ ലോകവ്യവഹാരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുന്നില്ല വേണമെങ്കിൽ ഒരാൾക്ക് സമാധിയിലിരുന്നെ ഒഴിവാക്കാം ആ കാര്യം പറയുന്നുണ്ട് പക്ഷെ അതല്ല മുഖ്യം നിങ്ങൾ സമാധിസ്ഥനായിരിക്കുന്നു അതോ ലോകവ്യവഹാരത്തിലിരിക്കുന്നു അത് ഇവിടെ മുഖ്യമല്ല സർവലോക വ്യവഹാര അതീതനായിരുന്നു കൊണ്ട് ആ സർവ്വലോക വ്യവഹാര അതീതനായിരിക്കാന്ന് പറയുന്നെങ്കിലും തത്വനിഷ്ഠയിലിരുന്നുണ്ട് ജഡവ ജഡത്ത പോലെ ജഡത്തെപ്പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് നിസ്സംഗനായി അതാണ് ജഡപത്ത് എന്ന് പറയുന്നത് ഈ വ്യവഹാരങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെടാതെ ജഡത്തിൽ വേദനയില്ല ജഡം കോപതാപങ്ങൾക്കൊന്നും അടിവപ്പെടുന്നില്ല രാഗദ്വേഷാദികളുണ്ടാകുന്നില്ല അതിന് സമാനമായി നിസ്സംഗമായി ഈ വ്യവഹാരത്തിന് കീഴ്പ്പെടാതെ ലോകവ്യവഹാരത്തിന് തത്വബോധത്തിൽ ലോകം ആചരിയും അവിടെ ഒന്നുകൂടി പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു ഉപദേശം എന്നുള്ളതെനിക്ക് പറയുകയാണ് അപ്രഖ്യാപയൻ ആത്മാനം അഹം ഏവം വിധ തീർച്ചയായും ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിക്കാവുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു തത്വനിഷ്ഠയിൽ അത്തരത്തിലുള്ളൊരു മോചനം ആവശ്യമാണ് അതുകൊണ്ട് അപ്രഖ്യാപയൻ ആത്മാനം തന്നെ അപ്രഖ്യാപയൻ വെളിപ്പെടുത്താതെ എങ്ങനെ അഹം ഏവം വിധം ഞാൻ ഇപ്രകാരമുള്ളവനാണ് സ്വന്തം മഹത്വത്തെ സ്വയം പ്രകാശിപ്പിക്കാതെ നടത്തും കാരണം ഇത് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് വ്യവഹാരാതീതനായി ആത്മനിഷ്ഠനായി മാറുക ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് അതിന് മഹത്വമായൊരു കാര്യമില്ല പക്ഷേ അങ്ങനെ ഒരു മഹത്വത്തെ ആർജിച്ചിട്ട് അങ്ങനെ ഒരു മഹത്വത്തിൽ എത്തിച്ചേർന്നാൽ ഒരാൾക്ക് സ്വയം തന്നെ വെളിപ്പെടുത്തണമെന്നാഗ്രഹം വരത്തില്ല പക്ഷെ ആ മഹത്വത്തിന്റെ മാർഗത്തിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വരാൻ തന്നെ വെളിപ്പെടുത്തണം തന്നെ പ്രഖ്യാപിക്കാൻ വെളിപ്പെടുത്താൻ ആഗ്രഹം വരും അത് വരരുത് എന്നാണ് അപ്രഖ്യാപിയൻ കാരണം അത് വീണ്ടും ബന്ധനത്തിലേക്ക് നയിക്കും അത് ബന്ധനമാണ് തുടർന്നും അത് ബന്ധനത്തിലേക്ക് നയിക്കും സ്വന്തം ഇച്ഛമുണ്ട് സ്വന്തം അഹന്ത കൊണ്ട് തന്നെ പ്രകടമാക്കാനുള്ള യാതൊരു ശ്രമവും ചെയ്യാതെ അതാണ് ജഡപത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു താല്പര്യം അതാണ് അതിനാണ് ലോകപൂജയ്ക്ക് വേണ്ടി സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി എല്ലാം തന്റെ മഹത്വത്തെ വിളംബരം ചെയ്യാൻ ഒരാൾ തയ്യാറായാൽ പിന്നെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതൊന്നും ഒരിക്കലും സംഭവിക്കാതെ അ പ്രഖ്യാപയൻ പ്രഖ്യാപിക്കാതെ എന്താണ് ആത്മാനം തന്നെ വെളിപ്പെടുത്താതെ അഹമേവം വിധം ഞാൻ ഇപ്രകാരമൊക്കെ ഉള്ളവനാണ് ഞാൻ തുരിയനെ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മഹാത്മാവാണ് ഈ തരത്തിലുള്ള ഒരു ഭാവത്തെ ഒന്നും പ്രകടമാക്കാതെ അതിൽ സഞ്ചരിക്കുന്നവൻ എന്താണ് അപരോക്ഷമായി ഇതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അപരോക്ഷമായി ഇതിനെ സാക്ഷാത്കരിച്ചവനോട് മറ്റൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ട് പക്ഷേ ആ മാർഗത്തെ സഞ്ചരിക്കുന്നവർക്കിതാവശ്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാഭിപ്രായ ജഡപദ് ലോകത്തെ ആചരിക്കുക ലോകത്തിനോട് യാതൊരു സംഘവുമില്ലാതെ ഈ തത്വബോധത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ംവിധന അദ്വൈതേ യജ സ്മൃതി അദ്വൈതം സമനുപ്രാപ്യലോകമാചരേത്